മലക്കുകൾ തങ്ങളുടെ അടുക്കൽ വരികയോ നിങ്ങളുടെ രക്ഷിതാവിൻറെ കൽപ്പന വരികയോ ചെയ്യുകയല്ലാതെ അവർ കാത്തിരിക്കുന്നുണ്ടോ അവർക്കു മുൻപുള്ളവരും ഇപ്രകാരം തന്നെയാണ് ചെയ്തത് അള്ളാഹു സുബാനഹുവ റ്റ് ആയാലോട് അനീതി കാണിച്ചില്ല മറിച്ച് അവർ സ്വന്തം ആത്മാക്കളോടാണ് അനീതി കാണിച്ചത്